ശ്രീദേശമുഖി ശ്രീ ോമിത്യേകക്ഷരമം സർവം വ്യക്തം ഓം കാതീതം തദപ്യോങ്ക തേജസ്വ ദ്യ <fra> <respuesta all fruitIEL> <tense> सुक्तो न वञ्जना काममवाय यते न वञ्जना स्वप्नम वसिदि तत्सुक्तः सुक्तस्थो वेति भूत प्रज्ञानाघनेवानंदमयो यः आनंदभूच्छी दूक प्रज्ञा स्तुतिय पादः k Sasha ryesha sarvadnyesha odaryayawayeś harmoni hi vas eh prabhaati yohi bhotanam asyavashay Keyboard nestećric kel qual attention padyayawaya bestal vālas pokreja nam la pratyam nabhik prakyam no v bassidaprakyam na pratyam nabhrsyanakhanam na pratyam nabh兹 karishyam bevaharim agrar besides kenow ച്ചന്ത് മ മേശംമേ ആത്മ പ്രസാരം പ്രപഞ്ചോ വശം ശാന്തം ശിവം അദ്വൈതം ചതുഥം മഞ്ഞ സത്മാേയ ധിമന്ത്രം പദ മാത്ര മാത്ര പാദ മകാരോ മകാരണോ വൈസ് അക്കാര മാത്രീരാധിമത്വ അപ്നോധ വൈ സർവാൻ കാപ്നസ്തസൗക്കാരോ ദ്ധീയ മാത്ര ഉത്കർഷാ ഉഭയത് വേ വൈ ജ്ഞാനസന്ദിം സഹ്വിഭൂദ സുബ്ധസ്ഥാനോമകാരൃതീയമാത്രമിതേരമ്യപീതേർവാ മനോദിഹ വർമീശ്ചോതി മാത്രോഹരിപഞ്ചോദ സംവിശതിേദ ഋജു വക്രാസം ഗ്രഹണഗ്രാഹകം വിജ്ഞാനസ്പന്ദിതം തഥ യഥോക്തം പരമാർ ദർശനം പ്രപഞ്ചേഷ്യ കാര്യങ്ങൾ ചർച്ച ചെയ്ത അതിനെ വിശദീകരിക്ക ഹി അച്ചലസ് വിജ്ഞാന സ്പന്ദനം അതി അച്ചലമിത്യുക്തം ഇവിടെ അനാഥദൃഷ്ടാന്തം അത് പറയുകയാണ് അതുകൊണ്ടാണ് ഇതിന് അനാഥശാന്തിപ്പോ പറഞ്ഞു വിജ്ഞാനം ശാന്തം അദ്വയം വിജ്ഞാനത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം അതിശാന്തമാണ് അലാദസ്പന്ദനമാണ് പ്രപഞ്ചാനുഭവം അലാദശാന്തിയാണ് പരമാർത്ഥം അസ്പന്ദരഹിതമായിട്ടിരിക്കുക അലാദം അസ്പന്ദമായിട്ടിരിക്കുക അതാണ് അലാദത്തിന്റെ ശാന്തി ആ അനാഥത്തിന്റെ ശാന്തിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവസാനം ഈ അനാഥ ദൃഷ്ടാന്തത്തിലൂടെ ഇതിനെ വിശദീകരിക്കുന്നു അനാഥം തീക്കൊള്ളി എന്നും പറയും സംസ്കൃതത്തിൽ അതിന്റെ സ്കന്ദനം ചലനം അതിനെ ചുഴറ്റുമ്പോൾ തീക്കൊള്ളി ചുഴറ്റുമ്പോൾ ഏത് രീതിയിലാണത് ചുഴറ്റുന്നത് ദീർഘമായി അത് ചുഴറ്റുകയാണെങ്കിൽ ദീർഘത്തിൽ തീക്കൊള്ളി എല്ലാം അവിടെ കാണുന്നത് ഒരു നേരം വട്ടത്തിലാണത് ചുഴറ്റുന്നതെങ്കിൽ അവിടെ കാണുന്ന എന്തായിരിക്കും ഒരു വൃത്തമായിരിക്കും പ്രകാശ വൃത്തം അപ്പൊ ഈ ദീർഘവൃത്താകൃതികൾ തീക്കൊള്ളി ചുഴറ്റുമ്പോൾ കാണുന്ന ആ ആകൃതി അത് അണു ആത്തിക്കുള്ളി അതല്ല കാരണം അത് നിഷ്പന്ദമായിരിക്കുമ്പോൾ സ്പന്ദരഹിതമായിരിക്കുമ്പോൾ നമ്മളതിനെ കാണുന്ന ഒരു ചെറിയ പ്രകാശ കണമായിട്ടാണ് പക്ഷെ ആ പ്രകാശ കണം തന്നെ ദീർഘമായും അനുഭവപ്പെടുന്നു ഒരു പ്രകാശം തന്നെ നാനാരൂപത്തെ പ്രാപിക്കുന്നു എന്ന് ചുരുക്കം ചലനം കൊണ്ട് അതിൽ സംഭവിക്കുന്ന ചലനം കൊണ്ട് മറ്റുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്നും കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തത്തെ എടുത്തത് വാസ്തവത്തിൽ ഈ ദൃഷ്ടാന്തം കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ബൗദ്ധസാഹിത്യത്തിലാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദാഹരണമാണത് അനാഥസ്പന്ദനം മറ്റുള്ളതിൽ നിന്നുള്ള വ്യത്യാസം രജസർപ്പം എന്ന് പറഞ്ഞാൽ അത് ക്ഷണികമായി അനുഭവപ്പെടുന്നു നമുക്കതിൽ നിന്ന് അനുഭവിച്ച് നോക്കാൻ കഴിയത്തില്ല അത് ക്ഷണം കൊണ്ട് ഉണ്ടാകും മറഞ്ഞു പോകുന്നു മറ്റൊരാൾക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുക്കാൻ കഴിയത്തില്ല അത് പറയുമ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മനസ്സിലാവും മരുമരീചികയാണെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അനുഭവപ്പെടും മരീചികയിൽ പ്രകാശമുള്ള സമയത്ത് പോയാലേതാ അറിയാൻ പറ്റും ഇതങ്ങനെ ഉണ്ടരീക്ഷണശാലയിൽ പരീക്ഷണം നടത്തി കൊടുക്കുന്നതുപോലെ ആർക്കും കാണിച്ചു കൊടുക്കും അതീ ദൃഷ്ടാന്തത്തിന്റെ ഒരു പ്രത്യേകത ആ തീക്കൊള്ളി ചോഴറ്റി നോക്കൂ അവിടെ ഒരു വൃത്തം അനുഭവപ്പെടുന്നുണ്ട് പ്രതിക്ഷണം ചലിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന ആ തീക്കൊള്ളി ഒരു വൃത്തത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്നു അത് കേവലം പ്രതീതി മാത്രമാണ് പക്ഷെ അനുഭവപ്പെടുന്ന എന്താണ് അവിടെ ഒരു വൃത്തമുള്ളതായിട്ടാണ് ആ ചലനം കൊണ്ട് ചലനം കൊണ്ട് അതുള്ളതായിട്ട് തോന്നുന്നു അതിന്റെ മറ്റൊരു രൂപം തന്നെയാണ് നമ്മൾ കാണുന്നത് സിനിമയും മറ്റു ഇന്നത്തെ ഇന്നാണെങ്കിൽ അത് പറഞ്ഞു ചലനം കൊണ്ട് രൂപം ഉള്ളതായിട്ട് തോന്നുന്നു അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് പറഞ്ഞു അല്ലാതെ സ്വന്തം പറഞ്ഞു ഇതാര്ക്കും വേണോ കാണിച്ചു കൊടുക്കും രൂപങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഒരു വിജ്ഞാനം ഇത് ക്ഷണിക വിജ്ഞാനവാദികൾ പറയുന്നത് വിജ്ഞാനം പ്രദക്ഷണം ഉണ്ടായെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതിന്റെ തുടർച്ചുകൊണ്ട് വിജ്ഞാനത്തിൽ ഏകമെന്നുള്ള പ്രതീതി ഉണ്ടാകുന്നു എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അക്കാര്യത്തിന് വേണ്ടിയല്ല ഇവിടെ പറയുന്നത് വിജ്ഞാനം തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു ചെക്ക് ഒന്ന് ഗ്രഹിക്കുന്നവനായും ഒന്ന് ഗ്രാഹ്യമായും പക്ഷെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാനം ഗ്രഹണ വിഷയമായിരിക്കുന്ന വിജ്ഞാനം ഇത് രണ്ടും രണ്ടു ഭാവത്തിൽ അനുഭവപ്പെടുക വിജ്ഞാനത്തിനൊരു വിഷയമുണ്ടെന്ന് കരുതുക ആ വിഷയത്തെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാകുന്നുവെന്ന് കരുതുക ആ വിഷയങ്ങൾ മാറി മാറി വരുന്നുവെന്ന് അനുഭവപ്പെടുക അതിനനുസരിച്ച് വിജ്ഞാനം മാറി മാറി വരുന്നുവെന്ന് അനുഭവപ്പെടുക ഇതാണ് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഒന്നും നമ്മൾ സ്ഥായി അനുഭവിക്കുന്നില്ല നിരന്തരം വിഷയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരം വിജ്ഞാനവും മാറിക്കൊണ്ടിരിക്കുന്നു ഈ നിമിഷത്തിലായിരുന്നല്ലോ അടുത്ത നിമിഷം നമ്മൾ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു പ്രതിക്ഷണം നമ്മുടെ വിഷയം മാറുന്നു എന്താണ് വിഷയം ശബ്ദം ആ പ്രദക്ഷിണം ശബ്ദം മാറുന്നതനുസരിച്ച് അർത്ഥബോധം മാറി മാറി നമ്മുടെ അറിവും മാറി മാറി വരും ശബ്ദത്തെക്കുറിച്ചുള്ള അറിവ് ശബ്ദാർത്ഥത്തെക്കുറിച്ചുള്ള അറിവ് ഇങ്ങനെ നിരന്തരം ഉള്ളിലെ വിജ്ഞാനവും മാറിക്കൊണ്ടുവരും ഈ രണ്ടും ഈ രണ്ടിനേതെങ്കിലും ഒന്ന് സത്യമെന്നല്ലോ പറയുന്നു ഇവിടെ ചിത്തം അല്ലെങ്കിൽ ചിത്ത് വിജ്ഞാനം അതാണ് പരമാർത്ഥം എന്ന് പറയുമ്പോൾ ഈ രണ്ട് മാറ്റങ്ങളും ഉള്ളിൽ അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായ മാറ്റം പരിണാമം ബാഹ്യമായി വിഷയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെരണാമം ഈ രണ്ട് പരിണാമങ്ങളും എവിടെയാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് സത്യം എന്നാണ് പറയുന്നത് ഇത്രേ പറയുന്നു അല്ലാതെ നമ്മളുടെ മാറുന്ന അറിവ് സത്യം എന്ന് തന്നെ പറയും ആ മാറുന്ന അറിവ് അല്ലെങ്കിൽ അറിവ് മാറുന്നു എന്നുള്ള ഈ നമ്മുടെ അനുഭവത്തിന് ആധാരമായിരിക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ഈ മാറ്റങ്ങളിൽ എന്താണോ അനുഭവമായിരിക്കുന്നത് അങ്ങനെ നമ്മളെ അനുഭവം തോന്നി അനുഭവ രൂപത്തിലെന്താണോ അനുഭവ വടിവായി എന്താണോ നിൽക്കുന്നത് അതാണ് ചിത്ത് ആ ചിത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഇന്ന വിഷയത്തെ കുറിച്ചുള്ള അറിവ് മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വിഷയ വിജ്ഞാനം അത് ഒരു സ്ക്രീനിൽ ചിത്രങ്ങൾ മാറി മാറി വരുന്നത് പോലെ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരു അഗ്നികണം അത് മാത്രമാണുള്ളത് അതുപോലെ ഇവിടെ നിൽക്കുന്ന ഒരേ ഒരു അനുഭവം മാത്രം ആ അനുഭവത്തിന് വിഭിന്ന ആകാരം വരും അതാണ് ഈ ഒരു ജ്വാലത് ചലിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള ആകാരങ്ങൾ വരുന്നു ആകാരങ്ങളിൽ വരുന്ന മാറ്റം അത് പരമാർത്ഥമല്ല അതിന് നമുക്ക് ഒരു സ്ഥിരത അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ ഇതൊരു വൃത്തമാണെന്ന് അനുഭവപ്പെടുന്നുണ്ട് ഒരു സ്ഥായിത്വം അനുഭവപ്പെടുന്നുണ്ട് കാരണം നമ്മളവിടെ ഈ തീക്കൊള്ളി ചുഴറ്റുമ്പോൾ ആ തീജ്വാലയെ അല്ലെങ്കിൽ ആ ഒരു കണത്തെ അഗ്നി കണത്തെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതാണതെന്നറിയാൻ കഴിയുന്നില്ല എന്നാൽ അതിന്റെ അനുഭവം ഉണ്ടാവും അതിന്റെ അനുഭവം ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിന് അനുഭവപ്പെടുന്നു അതുപോലെ വാസ്തവത്തിലെ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ് അനുഭവം അനുഭവമാണ് ഞാനത്തിന്റെ സ്വരൂപം ആ അനുഭവം ഗ്രാഹ്യമായും ഗ്രഹണമായും ഗ്രാഹകമായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഇന്ന വസ്തുവിനെ അറിയുന്നു എന്നിങ്ങനെ ഉള്ളൊരു രൂപത്തേത് പ്രാപിക്കുന്നു ഈ മൂന്നിനും മാറ്റമില്ലാതെ അനുസ്യതമായിരിക്കുന്ന അനുഭവം അനുഭവത്തെയാണ് ഇവിടെ ജപ്തി വിജ്ഞാനം ചിത്തം ചിത്ത് എന്നെല്ലാം പറയുന്നു അതിന് ഈ മൂന്ന് തരത്തിലുള്ള ഗ്രാഹ്യ ഗ്രഹണ ഗ്രാഹകരൂപത്തിലുള്ള ഈ മാറ്റം സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇതിൽ ഈ മൂന്നിനും ഒരുപോലെ ഇരിക്കുന്ന അനുഭവം എന്ന് അങ്ങനെ പറയാൻ പറ്റും ആ അനുഭവം അതാണ് പരമാർത്ഥം അതിൽ മാറി മാറി വരുന്ന ഈ ആകാരങ്ങൾ അത് തീക്കൊള്ളി കൊണ്ട് നമുക്ക് വൃത്തം തോന്നുന്നത് പോലെയാണ് തീക്കൊള്ളിയിൽ അനുഭവപ്പെടുന്നതിന് നമുക്കൊരു കാരണം പറയുന്നതാണ് അതിന്റെ സ്പന്ദനം ആ സ്ന്ദനം ചലനം അതുകൊണ്ടത് സംഭവിക്കുന്നു അപ്പോൾ ഇവിടെ ബോധം കേവലം അനുഭവ രൂപത്തിലിരിക്കുന്നു ആ അനുഭവ രൂപത്തിലിരിക്കുന്നതിന് എങ്ങനെ വ്യത്യസ്തങ്ങളായ ഈ ഭാവങ്ങൾ വന്നു ഒന്ന് ഗ്രാഹ്യമായി നിഷയുമായി മറ്റൊന്ന് ഗ്രഹിക്കുന്നവനായി ഗ്രഹണമായി ഇതെല്ലാം എന്തുകൊണ്ടുവന്നു എങ്ങനെ ഇത് സംഭവിക്കുന്നു അതിന് നേരത്തെ പറഞ്ഞു എന്താണ് ഇവിടെ ആവിദ്യകം അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ് ില്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന വിദ്യ അതാണ് ആ വിദ്യ അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇവിടെ മറ്റൊരു കാരണം പറയാനില്ല ജാഗ്രത സ്വപ്നത്തിലും ഈ അനുഭവത്തിൽ ഈ ആകാരങ്ങൾ മാറി മാറി തീക്കൊള്ളി നിശ്ചലമായ പിന്നെ അവിടെ എന്താണോ ഈ അനുഭവ ആകാരങ്ങളല്ല അനുഭവ ആകാരം എന്ന് പറയുമ്പോൾ അറിയുന്നവനും അറിവും അറിയപ്പെടുന്ന വിഷയവുമായിട്ടുണ്ട് അവിടെ അറിയുന്നവനും മാറ്റം വരുന്നില്ല അറിവ് മാറിക്കൊണ്ടിരിക്കുന്നു വിഷയങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റം ജാഗ്രതത്തിലും സ്വപ്നത്തിനും മാറിക്കൊണ്ടേയിരിക്കുന്നു വിദ്യ പ്രവർത്തിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മായ പ്രവർത്തിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പറയാം ഈ അറിവിൽ തന്നെയുള്ള ഇവിടെ പറയും എന്താണ് നിർവചിക്കാൻ കഴിയാത്ത ഒരു ശക്തി വിശേഷം എന്ന് പറയുന്നു മായ എന്നിടാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വേറെ ധാരണകൾ വരും അതിവിടെ പറയും അനുവചനീയമായൊരു ശക്തിവിശേഷം പിന്നെ നിർവചിക്കാൻ വയ്യ അതെങ്ങനെയാണ് ഈ അറിവിന്റെ തന്നെ ഒരു പ്രഭയാണോ അറിവിൽ നിന്ന് വേറിട്ട് അതിനൊരു നിലനിൽപ്പുണ്ടോ സത്താണോ അസത്താണോ ഈ തരത്തിലൊന്നും നിർവചിക്കാൻ വയ്യ നിർവചിക്കാൻ കഴിയാത്തൊരു ശക്തി വിശേഷം ഈ അറിവിൽ നാനാ രൂപത്തെ ഉണ്ടാകുന്നു ഈ ശക്തി അഗ്നി തീക്കൊള്ളിയുടെ ചലനം പോലെയാണ് ഇവിടെ ചലനമാണ് രൂപത്തെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇല്ലാത്ത രൂപത്തെ സൃഷ്ടിക്കുന്നെങ്കിൽ ഇവിടെ ഈ ശക്തി വിശേഷമാണ് ഈ രൂപത്തെ സൃഷ്ടിക്കുന്നത് ഈ ശക്തി പ്രവർത്തിക്കാതിരുന്നാലോ ഈ ആകാരങ്ങളില്ല ഈ അനുവചനീയമായ ശക്തി നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ അറിവിൽ എന്താണ് കേവലം അതിന്റെ അനുഭവ രൂപം മാത്രം ശേഷി അനുദാഹരണമാണ് സുഷക്തി സുഷൃത്തിയിൽ ഞാൻ നശിച്ചുപോകുന്നില്ല പക്ഷെ എനിക്കെന്നെ ഓർക്കാനും കഴിയുന്നില്ല ഓർക്കുക എന്ന് പറയുമ്പോൾ എന്തു വരുന്നു അവിടെ അനുഭവത്തിനൊരു രൂപം വരുന്നു ആ രൂപം ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ശക്തി കൊണ്ട് സംഭവിക്കുന്നതാണ് ആ ശക്തി പ്രവർത്തിക്കാതിരിക്കുമ്പോ അങ്ങനെ ആ ശക്തി ആ ശക്തിനോട് അഭിന്നമായി തീരുന്നു വേർതിരിഞ്ഞു നിൽക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ആകാരങ്ങളുമില്ല ഗ്രാഹകൻ ഗ്രഹണം ഗ്രാഹ്യം എന്നുള്ള ഭേദരൂപത്തിലുള്ള ഒന്നും അവിടെയില്ല മറിച്ച് ആ അറിവ് അനുഭവരൂപത്തിലുള്ള അറിവ് അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് താൻ തനിക്കന്നെ നഷ്ടപ്പെടാത്തത് അതവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഉണർവിലേക്കും സ്വപ്നത്തിലേക്കും എല്ലാം പോകുമ്പോഴും ഈ അനുഭവങ്ങളില്ലാത്തൊരവസ്ഥയുണ്ടെന്ന് ബോധിക്കാൻ കഴിയുന്നു റിയാൻ കഴിയുന്നുണ്ടല്ലോ അറിവിന് ആകാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു നിലയുണ്ട് അതുകൊണ്ടുതന്നെ പ്രജ്ഞാനധനം എന്ന് പറയുന്നത് പ്രജ്ഞാനം ഇല്ലെന്നല്ല അർത്ഥം പ്രജ്ഞാനം ഉണ്ടവിടെ അത് നനാരൂപങ്ങളെ പ്രാപിക്കാതെ ധനമായിരിക്കുന്നു ഏകമായിരിക്കുന്നു എങ്ങനെ ആ തീക്കൊള്ളി നിശ്ചലമാകുന്ന പോലെ തീക്കളിയുടെ ചലനമായി ജാഗ്രത സ്വപ്നമാണ് തീക്കള്ളിയുടെ നിശ്ചലതയായി അത് നിശ്ചലമായിരുന്നാലും ശരി ചലിച്ചുകൊണ്ടിരുന്നാലും ശരി എന്താണ് അതിനൊരു സ്വഭാവമുണ്ട് അതിന്റെ സ്വഭാവത്തിനൊഴിക്കലും മാറ്റം വിലകൾ എന്താണ് അതിന്റെ സ്വഭാവം അത് പ്രകാശരൂപത്തിലിരിക്കുന്നു നിങ്ങളതിന് ദീർഘമായോ വൃത്തമായോ ഏതെല്ലാം രൂപത്തിൽ കണ്ടാലും ശരി വാസ്തവത്തിൽ അത് കേവലമായ ഒരു പ്രകാശ രൂപത്തിലിരിക്കുന്നു ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പ്രകാശം ആ പ്രകാശത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സ്വരൂപത്തിന് യാതൊരു മാറ്റമില്ല ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിന് മാറ്റം പ്രകാശ സ്വരൂപത്തിനൊരു വ്യത്യാസവും വരുന്നുണ്ട് നിശ്ചലമായിരിക്കുമ്പോഴോ അപ്പോഴും ഒരു മാറ്റം വരുന്നുണ്ട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിശ്ചലമായിരിക്കുമ്പോഴും ഒരു മാറ്റമില്ലാതിരിക്കുന്ന ആ പ്രകാശം കേവലമായ പ്രകാശം അഗ്നി അതിന് ഈ രണ്ടവസ്ഥയിലും എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റമില്ല ഒരു തരത്തിൽ നമ്മൾ പറയുന്നതിന് നിശ്ചലമെന്ന് പറയുന്നത് ആപേക്ഷികമായ ചലനത്തെ അപേക്ഷിച്ച് പറയുകയാണ് സുഷൃത്തി ജാഗ്രത സ്വപ്നങ്ങളിൽ എന്ത് പറയുന്നു അത് ചലിക്കുന്നു എന്ന് പറയുന്നു അസുഷത്തി ആശ്രയിച്ചു പറയുകയാണ് പക്ഷെ ഈ രണ്ട് സ്ഥലത്തും എന്താണോ അത് കേവലമായ പ്രകാശ രൂപത്തിലാണ് അതിനാണ് അതിന്റെ തുരിയ ഭാവം എന്ന് പറയുന്നത് അപ്പൊ ഈ തുര്യൻ എവിടെ നിൽക്കുന്നു ഇതിനപ്പുറമല്ല ഇവിടെ തന്നെ നിൽക്കുകയാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് പ്രകാശമായി തന്നെ ഇരിക്കുന്നു ജാഗ്രസ്വപ്നങ്ങളിൽ ഈ ബോധം നാനാരൂപങ്ങളെ പ്രാപിക്കുമ്പോഴും തുരിയൻ തുരിയനായി തന്നെയിരിക്കുന്നു ഇനി നമ്മൾ കരുതുന്നു ജാഗ്രത സ്വപ്നത്തിന് ഇരുന്ന് കരുതുകയാണ് സുഷുനൊന്നും കരുതാന്ന് കൊടുത്തില്ല അവൻ സുഷൃത്തിയിൽ അവൻ നിശ്ചലനായിരിക്കുന്നു കേവല ബോധരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ എവിടെയാ കരുതുന്നു ജാഗ്രത കരുതുമ്പോഴും അവൻ തുര്യനായി തന്നെയിരിക്കുന്നു അപ്പൊ തുര്യൻ എവിടെയാണെന്നാണ് തന്നത് തുര്യന്റെ നിലനിൽപ്പിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രത സ്വപ്നവും സുഷ്ടയും ഇത് വിട്ടിട്ട് വേറൊരു കാലത്ത് വേറൊരു സ്ഥലത്ത് തുര്യൻ അങ്ങനെ ഒന്നില്ല അങ്ങനെ നാലാമത്തേതെന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നുണ്ടെങ്കിലും പലതവണ പറഞ്ഞിട്ടുണ്ട് അത് നാലാമത്തേതല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അത് ചലിക്കുമ്പോഴും അത് പ്രകാശമായി തന്നെ ഇരിക്കുന്നു ചലിക്കാത്തപ്പോഴും അത് പ്രകാശമായി തന്നെ ഇരിക്കുന്നു ചലിക്കുമ്പോഴും ചലിക്കാത്തപ്പോഴും ഇരിക്കുന്ന പ്രകാശം അതാണ് തിരിയനെന്ന് പറയുന്നത് ഇവിടെ ഇല്ലാത്ത ഒരു തിരിയനേട് സ്ഥലത്ത് പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല ആരും കണ്ടുപിടിക്കും അരാ ഇത് അന്വേഷിച്ച് പോകുന്നു ഇവിടെ ഇല്ലാത്തൊരു തുര്യനെ സമാധി പോയി കണ്ടുപിടിക്കാൻ പറ്റുന്നു നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു തലത്തിൽ അനുഭവത്തിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റുന്നു ഇവിടെ ഉള്ളത് തന്നെ അത് ഈ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അലാധ ദൃഷ്ടാന്തത്തെ ഇവിടെ പറയുന്നത് തുര്യനെ നമ്മുടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ബോധത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലല്ല എന്താണോ ഈ ബോധത്തിന്റെ അനുഭവ സ്വരൂപം ആ അനുഭവ സ്വരൂപത്തിൽ ഒരിടത്തും മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു കുറച്ചു കഴിഞ്ഞ് സുഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു ഇവിടെ മാറുന്ന എന്താണോ സുഖവും ദുഃഖവും മാറുന്നു അനുഭവത്തിന് മാറ്റമില്ല അനുഭവം എന്ന് പറയുന്ന ഒന്നല്ല സുഖവും ദുഃഖവും ഈ രണ്ടെണ്ണവും മാറുന്നു അത് രണ്ടും വിഷയങ്ങളാണ് ഇനി അനുഭവത്തെ ഗ്രഹിക്കുന്നവൻ വൃദ്ധനായി ഗ്രഹിക്കുന്നു യുവാവായി ഗ്രഹിക്കുന്നു സ്ത്രീയായി ഗ്രഹിക്കുന്നു പുരുഷനായി ഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ആത്മനിഷ്ഠമായ പല ഗ്രഹിക്കുന്നു അവിടെയും ഗ്രഹിക്കുന്നവനായ ആ ബോധം അത് അനുഭവമാണ് അതിന് മാറ്റവിട്ട ഗ്രഹിക്കുന്നു സ്വപ്നത്തിൽ ഗ്രഹിക്കുന്നു അവിടെയും ഗ്രഹിക്കുന്നവനായ ആ അനുഭവത്തിന് മാറ്റമില്ല സുഹൃത്തിയിൽ താൻ നശിക്കാത്തവനാണെന്ന് ഗ്രഹിക്കുന്നു ജാഗ്രത അവിടെയും ആ അനുഭവ രൂപത്തിൽ നിൽക്കുന്ന അതുപോലെ സുഖജ്ഞാനം ദുഃഖജ്ഞാനം എന്നിങ്ങനെ ഓരോ അനുഭവങ്ങളെയും ഉയർത്തിരിക്കുന്നു അവിടെയും ആ അനുഭവ പടിവന് അനുഭവ രൂപത്തിന് മാറ്റമില്ല മാറ്റമില്ലാതിരിക്കുന്നത് ആ അനുഭവ രൂപത്തിന് മാത്രം അത് ഏകരൂപത്തിലിരിക്കുന്നു അത് അഗ്നിഗണം പോലെയാണ് അതിന് മാറ്റമില്ല അതെങ്ങനെയൊക്കെ ചലിച്ചാലും അവിടെ ഈ പറയുന്ന ശക്തി വിശേഷം കൊണ്ട് സംഭവിക്കുന്നത് വ്യത്യസ്തമായ ആകാരങ്ങളാണ് അതിനാണ് സംസാരം മനങ്ങൾ സംസാരഭ്രാന്തി എന്ന് പറയുന്നത് അത് ആന്തരികമായി നിരന്തരമായ വികാര വിചാരൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു ബാഹ്യമായി സ്ഥൂലവും സൂക്ഷ്മവും കാരണവും വിഭിന്ന പരിണാമങ്ങളുമുള്ള വിഭിന്ന പരിമാണങ്ങളുമുള്ള വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു സ്ഥലത്തും ആ അനുഭവത്തിന് മാത്രമല്ല അതാണ് പറയുന്നത് യഥാഹി ലോകെ ഋർജു വക്രാദി പ്രകാര ആഭാസം ഋജുവായും വക്രമായും നേരെ ഒരു ഒറ്റ വരയായി കാണുന്നു ഒരു വൃത്തമായി കാണുന്നു നാനാ രൂപത്തിലുള്ള ആഭാസം പ്രതീതി പ്രകാശത്തിന്റെ പ്രതീതി തീക്കുള്ളിയുടെ പ്രതീതി അതെന്താണ് അലാഗസ്കന്ധിതം മൂൽക്കാചലനം അതാ തീക്കുള്ളിയുടെ ചലനമാണ് തഥാ ഗ്രഹണ ഗ്രാഹകാഭാസം വിഷയി വിഷയാഭാസം അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചാനുഭവം പ്രപഞ്ചാനുഭവം എന്ന് പറയുമ്പോൾ അതിനെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി രണ്ടാക്കി ഒന്ന് ഗ്രഹണം മറ്റൊന്ന് ഗ്രാഹകം ഒന്ന് ഈ അനുഭവം ഇവിടെ രണ്ടായി പറഞ്ഞത് ഇവിടെ രണ്ടായി പറഞ്ഞിരിക്കുന്നുണ്ട് ഞാനെന്ന് പറയുന്നതും അതും അറുപതല്ല വിഷയത്തെക്കുറിച്ചുള്ള അറിവും അറിവ് തന്നെ അതുകൊണ്ട് അതിനെല്ലാറ്റിനെയും ചേർത്ത് ഗ്രഹണമെന്നുള്ള പിന്നെ ഗ്രഹിക്കുന്നത് അങ്ങനെ ഗ്രഹണ ഗ്രാഹക രൂപത്തിൽ ആ പ്രതീതി വിഷയി വിഷയാഭാസം അങ്ങനെ പറയും വിഷയും വിഷയവും അനുഭവത്തെ രണ്ടായി തിരിച്ച് പറയുന്നു ഈ പ്രതീതി ഈ പ്രതീതിക്കപ്പുറം ഒരു വസ്തുയാഥാർത്ഥ്യം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇതിങ്ങനെ പറയുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുള്ളു കാരണം സാധാരണ പ്രപഞ്ചം മിഥിയാണ് എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ആദ്യം നമ്മൾ നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു എന്തിട്ടതിന് സത്യമാണോ അസത്യമാണോ എന്ന് പരിശോധിക്കും എന്നിട്ട് അവസാനം ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതാണിത് അസത്യമാണോ പരമാർത്ഥമല്ല ഇവിടെ അങ്ങനെ തന്നെ പറയുന്നത് ഇവിടെ ഒരു തരത്തിലും പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നേ പ്രപഞ്ചത്തെ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം ആദ്യ സൃഷ്ടി അംഗീകരിക്കും സത്യമായ ഒരു സൃഷ്ടി അംഗീകരിക്കും സത്യമായൊരു സൃഷ്ടി അംഗീകരിച്ച പിന്നെ അത് പരിശോധിക്കുക ഇത് സത്യമാണോ അതോ അസത്യമാണോ അതാണ് അജാതിയുടെ പ്രത്യേകത അങ്ങനെ ഒന്നും പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല അങ്ങനെ സംഭവിച്ചൊന്നും നിങ്ങൾ കരുതുകയാണെങ്കിൽ സ്വപ്നത്തിൽ സംഭവിച്ചതും എല്ലാം സംഭവിച്ചതായി കരുതണം ഇന്ദ്രജാലക്കാരൻ ഇന്ദ്രജാലം സംഭവിച്ചതായി കരുതണം അല്ലാതെ ചക്രം അതിന്റെ ഋജുവക്രാതിരേഖകൾ സത്യമാണെന്ന് കരുതണം സംഭവിച്ചതാണെന്ന് കരുതണം അവിടെ പുതുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഒരു പ്രകാശകണമല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അതുപോലെ ഇവിടെ കേവലമായ ചിത്തല്ലാതെ രണ്ടാമതൊന്നും സംഭവിച്ചിട്ടേ ഇല്ല സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് സത്യമാണോ അസത്യമാണോ എന്ന് എന്തിനു അതാണ് ഇവിടെ ഉത്പത്തി എന്ന് ശരിക്കുന്നത് അജാതി എന്ന് പറയുന്ന അതാണ് ആദ്യ സംഭവിച്ച അംഗീകരിക്കുക പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുക അതും ഒരു പ്രധാന പ്രശ്നമാണ് ചോദിക്കുമല്ലോ ജഗത്ത് എങ്ങനെ സംഭവിച്ചു അനുസമാനം പറയുന്നുണ്ട് ജന്മാദ്യാശാസ്ത്ര യോനിത്വം അതെല്ലാം നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ് അത് സംഭവിച്ചു എന്ന് അംഗീകരിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എങ്ങനെ സംഭവിച്ചു ഇവിടെ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല എന്തുകൊണ്ട് ഉത്പത്തിയവിടെ നിഷേധിക്കുന്നു ഉത്പത്തി നിഷേധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ചോദിക്കാൻ പറ്റും എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെ ചോദിക്കുന്നു അതിന്റെ ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെ സംഭവിച്ചു എന്നൊരു അന്വേഷണമേ ഇവിടെയില്ല അത് അജാത ചിന്തയിൽ അതില്ല അല്ലാത്ത മറ്റു പല ഭാഗത്തും ഉണ്ട് കോഹം ഞാൻ ആരാണ് കോ ജഗത്തി ജഗത്ത് എവിടെ നിന്നുണ്ടായി അതിനൊക്കെ മുമ്പ് സമാനം പറഞ്ഞു അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് അതിന് സമാധാനങ്ങളുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ സമാധാന എന്തുകൊണ്ട് ഇവിടെ ജാതി നിഷേധിച്ചിരിക്കുന്നു ജന്മത്തെ നിഷേധിച്ചിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയും കാണുന്നത് എന്താണോ ഇത് ഒരു സൃഷ്ടിയല്ല കാണുന്നത് എന്തിനെങ്കിലും സൃഷ്ടിച്ചിട്ട് കാണുകയല്ല സൃഷ്ടിച്ചിട്ട് കാണിയണെങ്കിൽ പറയേണ്ടി വരും എന്താണ് അലാധ ചക്രത്തിൽ അലാദം ഒരു വൃത്തത്തെ സൃഷ്ടിച്ചു ഒരു ദീർഘത്തെ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒന്നിനെ അലാദ സൃഷ്ടിച്ചു എന്നാർഗം പറയാൻ വയ്യ അവിടെ അലാധോ അതിന്റെ പന്തിനവും അല്ലാതെ മൂന്നാമതൊരു വസ്തു അവിടെ ഉണ്ടായിട്ടില്ല അതുപോലെ ഇവിടെ ബോധവും അതിന്റെ സ്പന്ദനവും അല്ലാതെ മൂന്നാമതൊന്നും ഉണ്ടായിട്ടില്ല സ്പന്ദനമെന്ന് പറഞ്ഞാൽ അടുത്ത് വരെയും വിജ്ഞാനത്തിന് സ്പന്ദിക്കാൻ കഴിയില്ല ഇവിടെ സ്പന്ദനം എന്ന് പറയുന്നത് എന്താണ് അനുവചനീയമായ അതിന്റെ ആസക്തി അതല്ല മൂന്നാമതൊന്നില്ല അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം പറയുന്നത് ആ തീക്കൊള്ളിയും അതിന്റെ ചലനവുമല്ലാതെ മൂന്നാമതൊരു വസ്തു ഇല്ല ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുന്നതിന്റെ ആവശ്യം ഇല്ലെന്ന് ബോധ്യപ്പെട്ടാണ് എവിടെ അല്ല അങ്ങനെ അത് നമ്മൾ ദൃഷ്ടാന്തവേദന എടുക്കുന്നത് അനാഥവും അതിന്റെ സ്പന്ദനവും അല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനില്ലേ അയാൾക്ക് കൈയില്ലേ അയാൾ ചിന്തിക്കുന്നില്ലേ അയാൾക്ക് ആത്മാവില്ലേ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കും ദൃഷ്ടാന്തത്തിൽ ഏത് ഭാഗമാണോ ആവശ്യമുള്ള മാത്രം എടുക്കുക ദൃഷ്ടാന്തത്തിൽ എന്താണ് ഒരു വസ്തു അതിന്റെ ചലനം കൊണ്ട് മറ്റൊരു വസ്തുവിന്റെ പ്രതീതി ഉണ്ടാവും മൂന്നാമതൊരു വസ്തുവിന്റെ പ്രതീതി ഇവിടെ രണ്ട് വസ്തുക്കളേ ഉള്ളൂ എന്താണോ അനാദവും അതിന്റെ ചലങ്ങും അതുകൊണ്ട് മൂന്നാമതൊരു ആ പ്രതീതി സത്യമാണോ അങ്ങനെ ഒരു വാസ്തു അവിടെ എന്നാണ് അതാണ് അതുണ്ടാകുന്നു എന്ന് പറയാൻ പറ്റൂ ഉണ്ടാകുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല അനാഥം ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമല്ലേ ഇവിടെ പഞ്ചഭൂതങ്ങളില്ലേ അതല്ല ഇവിടെ ചിന്തിക്കുന്നത് ഇവര് ദൃഷ്ടാന്തത്തിലൂടെ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലുള്ള എന്താണോ ആകാശകാല ദുഃഖുകളെല്ലാം ഇതിന്റെ എല്ലാം വാസ്തവസ്ഥിതി എന്താണെന്ന് പരിശോധിക്കുകയാണ് ഇത് ഈ ചിത്തിനം ഇട്ട് ബാഹ്യമായി സ്വതന്ത്രമായി അസ്തിത്വമുള്ള അതോ ഈ ആശ്രയിച്ചിരിക്കുന്ന കേവലം പ്രതീതി മാത്രമാണോ അതാണ് ഇവിടെ പരിശോധിക്കുന്നത് അല്ല അത് പ്രതീതി മാത്രമല്ല എന്തുകൊണ്ട് പ്രതീതിയിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടാകത്തില്ല അതാണ് സാധാരണ പറയുന്നത് ഭൗതികവാദം വസ്തുവിന് സ്വതന്ത്രമായും നിലനിൽക്കൊണ്ട് പ്രതീതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ് പ്രതീതിയിലും ഉണ്ടാകുന്നത് ഇവിടെ പ്രതീതിയിൽ കാണുന്ന ർജു വക്രാദി ആകാരങ്ങൾ അത് ഏത് വസ്തുവിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പാണ് അങ്ങനെ ഒന്നുണ്ടോ ഇല്ലല്ലോ അവിടെ കേവലമായൊരു പ്രകാശഗണം മാത്രമേയുള്ളൂ പക്ഷെ അതിൽ കൂടുതലായി നമ്മൾ അനുഭവിക്കൂ അത് കൂടുതലായി ആകാരങ്ങൾ അനുഭവിക്കുക ഈ പ്രതീതിക്ക് ബോധത്തിന് എന്തിനേയും സൃഷ്ടിക്കാം അത് അവ്യവസ്ഥിതമായി സൃഷ്ടിക്കും അതിന് ബാഹ്യമായ നിമിത്തങ്ങൾ കൂടി വേണം ഇവിടെ അലാദ ദൃഷ്ടാന്തത്തിൽ അവിടെ ഒരു അലാദം വേണം ആലാദത്തെ ആശ്രയിച്ചാണ് അവിടെ ഋതിവക്രാദി രൂപങ്ങളുണ്ടായത് അലാദം എന്താണ് അതൊരു പ്രകാശമാണ് ഒരു പ്രകാശത്തിൽ നാൻ ആകാരങ്ങൾ അത് കാണുന്ന ഒരുവനുണ്ട് ബാഹ്യമായൊരു വസ്തു ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ കാഴ്ചയിൽ കാഴ്ച എന്ന് പറയുന്നത് എന്താണോ ഈ ചിത്താണ് ബോധമാണ് ആ ബോധത്തിൽ ഒരു പ്രകാശം നാനാരൂപങ്ങളെ സൃഷ്ടിക്കുന്നു അതുപോലെ ഈ ബോധത്തിൽ അചിന്തിയമായ അനർവചനീയമായൊരു ശക്തി ആ ശക്തിയെ പരിശോധിച്ച് വരുമ്പോൾ അത് ആ ബോധത്തിൽ നിന്ന് വേറിട്ടൊരു ശക്തിയുമല്ല ആ ബോധം തന്നെ അത് നാമരൂപങ്ങളെ ഇതുപോലെ സൃഷ്ടിക്കുന്നു അവിടെ ഈ നാമരൂപ സൃഷ്ടിയാണ് എന്താണോ നമ്മൾ പേര് പറയുന്നു അത് വൃത്തമാണ് പേര് പറയുകയാണ് ഒരാകാരമുണ്ട് വൃത്തമായൊരു ആകാരമുണ്ട് ഇതാണ് നാമരൂപം എന്ന് പറയുന്നത് പ്രപഞ്ചാനുഭവം നാമരൂപങ്ങളാണ് ഈ ബോധത്തിൽ സ്ഫുരിക്കുന്ന നാമരൂപങ്ങളാണ് എങ്ങനെയാണോ ആ അഗ്നിഗണത്തിൽ നിന്ന് വേറിട്ട് അവിടത്തെ ദീർഘവൃത്തങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തത് അതിനെ ഈ പ്രകാശത്തിൽ നിന്ന് വേറിട്ട് ഇവിടത്തെ ഈ നാമരൂപങ്ങൾക്ക് നിലനിൽപ്പില്ല പ്രകാശത്തിലാണ് ഇത് നിലനിൽക്കുന്നതെന്നാണ് അപ്പൊ വേറിട്ടൊന്നില്ലെങ്കിൽ അജാതമാണ് ഒന്നിവിടെ ീ ആ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ അത് ബോധത്തിനപ്പുറം പോകത്തില്ല അപ്പോ ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തുന്നതും ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തിയാൽ അവസാനം നമ്മൾ എന്താ പറയുന്നത് എല്ലാ പരീക്ഷണങ്ങളുടെയും അവസാനം പറയും അതിന്റെ നിഗമനം എന്ന് പറയും ഇതെവിടെയാണ് സംഭവിക്കുന്നത് ബാഹ്യമായ ഏതെങ്കിലും വസ്തു സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുന്നത് ബോധത്തിൽ തന്നെ ബാഹ്യമായ വസ്തുക്കളെ ആശ്രയിച്ച് പലതും സംഭവിക്കാം ആരാധത്തിൽ ചലനം സംഭവിക്കുന്നത് പോലെ ക്രിയ ചലനം സംഭവിക്കാം വസ്തുക്കളിൽ പ്രണാമം സംഭവിക്കാം എന്നുവെച്ചാൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ബോധത്തിന് അനുഭവപ്പെടാം അന്തിമമായ നിഗമനം അത് ബോധത്തിലാണ് വേറെ എവിടെയാണ് കണ്ടെത്തലുകളെല്ലാം എവിടെയാ ബോധത്തിലാണ് അപ്പോ ഏത് പരീക്ഷണം ബാഹ്യമായി നടത്തിയാലോ അവസാനം എവിടെ ചെന്നിരിക്കും ആ നടത്തുന്നവന്റെ ബോധത്തിലെത്തിച്ചേരും ഒടുവിൽ അത് ഭൗതികമായാലും ശരി മറിച്ച് ആധ്യാത്മിക ചിന്താപരമായിട്ടായാലും ചേരും ബോധത്തിന്റെ അവസാനിക്കാൻ പറ്റും ബോധത്തിന് പുറത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും ശാസ്ത്രജ്ഞനൊരു നിഗമനത്തിനെത്തിച്ചേരാൻ പറ്റും ആർക്കും സാധ്യമല്ല സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് സ്വന്തം ബോധത്തിലാണ് ബാഹ്യമായ വിഷയങ്ങളെ ആശ്രയിക്കുന്നേയുള്ളൂ അത് ഇവിടെ പറയുമ്പോൾ എന്ത് പറയും അത് ബാഹ്യമൊന്നു കരുതുന്ന വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ ബാഹ്യമല്ല അപ്പൊ തന്റെ ബോധത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നാമരൂപങ്ങളെ ആശ്രയിച്ചിട്ട് ബോധത്തിൽ തന്നെ നിഗമനങ്ങളിലെത്തിച്ചേരുകയാണ് അതുമെല്ലാം ബോധത്തിന്റെ ഭാഗമാണ് അതാണ് ഈ ആധുനിക പറയുന്നത് അത് വളരെ മുമ്പ് തന്നെ ഇതൊരു പരീക്ഷണമല്ല അല്ലാതെ ചക്രത്തെ വീശി നോക്കുക അത് രൂപങ്ങളെ കാണുക അതിൽ നിന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരുക ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്ന അവസാനം സ്വന്തം ബോധത്തിൽ സംഭവിക്കുന്നു നിങ്ങൾ പല വസ്തുക്കളെ ബാഹ്യമായി വെച്ച് പഠനങ്ങൾ നടത്തുന്നു ഇനി പല വസ്തുക്കളെ എന്ന് പറയുമ്പോൾ അന്യന്റെ ബോധത്തെ ബാഹ്യമായി കണ്ടുകൊണ്ട് പരീക്ഷണം നടത്തുന്നു പക്ഷേ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തുന്നവന്റെ ബോധത്തിലൂടെയാണ് അതുവഴിയാണിതെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആത്യന്തികമായി ബോധത്തെ ആശ്രയിച്ചാർക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് എങ്ങനെ വിഷയി വിഷയാഭാസ രൂപത്തിൽ വിഷയിയായിട്ട് ആ തന്റെ ബോധം നീക്കുന്നു വിഷയമായിട്ട് ബാഹ്യമായ സർവ്വ പദാർത്ഥങ്ങൾ നീക്കുന്നു ഈ പ്രതീതിയിലാണ് എല്ലാ അന്വേഷണങ്ങളും എല്ലാ കണ്ടെത്തലുകളും നടക്കുന്നു അവിടെ പരവുമായി അംഗീകരിക്കേണ്ട എന്തിനാ ഈ ബോധത്തെയാണ് അല്ലാതെ ആ ബോധത്തിൽ നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകളെ അതിനുവേണ്ടി നമ്മൾ ആശ്രയിച്ച ബാഹ്യ വിഷയങ്ങളെയും ഇതാണ് പരമാർത്ഥം കിം ഇതെന്താണിതെല്ലാം പറയും എല്ലാ നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങളും എല്ലാ അനുഭവങ്ങളും തദ്വിജ്ഞാനസ്പന്ദിതം ഇവിടെ അലാദമാണ് ചലിച്ചതെങ്കിൽ ഇവിടെ വിജ്ഞാനം ചലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ ചലനം പോലെ തോന്നുന്നു അതെന്താണ് നിശ്ചലമായ വിജ്ഞാനം എന്ന് പറയുന്നത് അതിന്റെ ചലനം അത് വിജ്ഞാനത്തിന്റെ മഹിമ എന്ന് പറയും വിജ്ഞാനത്തിന്റെ മഹത്വം എന്ന് പറയും അതാണ് വിജ്ഞാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് നിർവചിക്കാൻ അസാധ്യമാണ് അത് നിർവചിക്കാൻ അസാധ്യമായതുകൊണ്ടാണ് നമുക്കതിനെ സംബന്ധിച്ച് യുക്തിയുക്തമായി ഒന്നും ചോദിക്കാൻ കഴിയാത്തത് നമ്മുടെ ചോദ്യത്തിനനുസരിച്ചൊരു സമാധാനം കണ്ടെത്താൻ കഴിയാത്തത് അത് വിജ്ഞാനത്തിന്റെ ഒരു മഹത്വം എന്ന് പറയും ശ്രീ മഹിമിനി പ്രതിഷ്ഠിത വിജ്ഞാനം അതിന്റെ മഹിമയും പ്രതിഷ്ഠിതമാണ് എന്ന് ശ്രുതിയിലും മറ്റും പറയും പല ഭാഗത്തും പറയും അതുകൊണ്ട് അവിടെ എന്തുകൊണ്ടതിന് യുക്തിയുക്തമായൊരു സമാധാനം കണ്ടുപിടിച്ചോളാം എന്നൊന്നും ചോദിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഇതെല്ലാം നേരത്തെ പറഞ്ഞ വിഷയി വിഷയാഭാസമാണ് യുക്തിയും യുക്തി നമ്മുടെ നിരീക്ഷണങ്ങൾ നമ്മുടെ കണ്ടെത്തലുകൾ ഇതെല്ലാം വിഷയവിഷയ ആഭാസമാണ് വിജ്ഞാനസ്പന്ദനമാണ് വിജ്ഞാനസ്പന്ദനത്തിന്റെ നിലയിലാണത് അതിന് വിജ്ഞാനസ്വരൂപത്തെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളിലൂടെയും നമുക്കിതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നു അങ്ങനെ ആരെങ്കിലും നേരത്തെ വെളിപ്പെട്ടേ ഇതെന്താണ് സ്പന്ദിതം ഇവ ബാഹ്യമായ ചലനം നമ്മൾ കാണുന്നുണ്ട് അവിടെ ദ്രവ്യം ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ചലനം രണ്ടും നമുക്ക് വേർതിരിക്കാം അതുകൊണ്ടാണ് പറയുന്നത് ദ്രവ്യം ഇപ്പോൾ ചലിക്കുന്നില്ല അത് നിശ്ചലമാണ് ഇപ്പോൾ ചലിക്കുന്നു എന്ന് നമ്മൾ വേർതിരിക്കുന്നു അതിനോട് താരതമ്യപ്പെടുത്തി ഈ വിജ്ഞാനത്തെ പറയുകയാണ് അതുകൊണ്ട് ഇത് സ്പന്ദനമല്ല അതുപോലൊരു സ്പന്ദനമല്ല ഇവിടെ സംഭവിക്കുന്നത് സ്പന്ദിതമിവാ അവിടെ എങ്ങനെയാണോ സ്പന്ദനം സംഭവിക്കുന്നത് അതുപോലെ ഒന്നും സംഭവിക്കുന്നു എങ്ങനെ അറിയാമോ നമ്മുടെ അനുഭവമാണ് നമ്മുടെ അനുഭവമാണ് ഈ പ്രപഞ്ചം നമ്മുടെ അനുഭവമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ അനുഭവമാണ് നമ്മെക്കുറിച്ചുള്ള അറിവ് ഇതാ അനാഥത്തിന്റെ ഒരു സ്പന്ദനം പോലെയാണ് സ്പന്ദിതം അവിദ്യയതിനൊരു സമാധാനം കണ്ടുപിടിക്കാൻ സാധ്യമല്ല യുക്തിയുക്തമായ സമാധാനമില്ല ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു അതതിന്റെ മഹിമ അതുകൊണ്ട് അതിനെ പറയുന്ന എന്താണ് മായ എന്ന് പറയുന്നു അറിയണ്ട ആവശ്യവുമില്ല കാരണം അത് അവസ്തുവാണ് അത് പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാത്ത ഒന്നിനെങ്ങനെ ബോധിക്കാൻ പറ്റും ബോധിക്കാനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ അവിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥം കൊണ്ട് എന്താണോ ഒരിക്കലും അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഒരിക്കലും അറിയാൻ കഴിയാത്തത് അതില്ലാത്തതുകൊണ്ട് തന്നെ ഇല്ലാത്തതിനെങ്ങനെ അറിയും നമ്മുടെ ഇന്നത്തെ ഈ അനുഭവത്തിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് അതൊരു ഇല്ലായ്മയാണ് അതുകൊണ്ട് തന്നെ അതിന് അവിദ്യ എന്ന് പേര് കൊടുത്തത് അതിനൊരിക്കലും അറിയാൻ കഴിയത്തില്ല അതിനെ അറിയാൻ ശ്രമിച്ചാലോ അറിവിൽ നശിക്കുന്നതിനെ എങ്ങനെ അറിയാൻ ശ്രമിക്കുന്നത് അറിവിൻ നിലനിൽക്കാത്ത ഒന്നാണ് അതുകൊണ്ടാണ് അതിനെ അറിയാൻ കഴിയാത്തത് അല്ലെങ്കിൽ അവിദ്യ അറിയാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മായ അറിയാൻ ശ്രമിക്കുന്നു അത് സാധ്യമല്ല എന്തുകൊണ്ട് അറിവിന്റെ മുമ്പിൽ അത് നിക്കത്തില്ല അറിവിൽ അത് അപ്രത്യക്ഷമാകുന്ന ഒന്നിനെങ്ങനെ അറിവുകൊണ്ടറിയാൻ പറ്റും അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച അന്വേഷണം വേണ്ട എന്ന് പറയുന്നത് സാധ്യമാണ് അറിവിലത് പ്രകാശിക്കത്തില്ല പിന്നെ അറിവിലെന്താ പ്രകാശിക്കുന്നത് അറിവ് സ്വയം പ്രകാശിക്കുന്നതാണ് അതിന് മറ്റൊന്നിനും പ്രകാശിക്കാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു അത് ഏകമാണ് അദ്വയമാണ് അച്ചലസ് വിജ്ഞാന സി സ്പന്ദനമസ് വിജ്ഞാനം അരാധം പോലെ സ്പന്ദിക്കുന്നല്ല ദൃഷ്ടാന്തത്തിന് മാത്രം പറയുന്ന അതിനെയെന്നും വസ്തുസ്ഥിതി കഥനമായി എടുക്കരുത് വസ്തു അങ്ങനെയാണ് എന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത് ഭൗതികമായി എങ്ങനെയാണ് ഭൗതികമായി നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വസ്തുക്കൾ ഇങ്ങനെയാണ് ഓരോന്നിനെ അങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഇത് ഇത്ര മൂലകങ്ങളുണ്ട് അതിന്റെ പേരിന്നതാണ് അതിന്റെ ആകാരങ്ങൾ ഇങ്ങനെയാണ് ഭൗതികമായി വിഭജിച്ച് പഠിപ്പിക്കുന്നു അവിടെ വസ്തുവിന്റെ അസ്തിത്വത്തെയാണ് പഠിപ്പിക്കുന്നത് ഇവിടെ അതല്ല ഇവിടെ വസ്തുവിനല്ല അസ്തിത്വം എന്നാണ് പഠിപ്പിക്കുന്നു അസ്തിത്വം വിജ്ഞാനത്തിലാണോ ആ വിജ്ഞാനത്തിൽ വിജ്ഞാനത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല അന്യമായ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വിജ്ഞാനം തന്നെ മായ ഉൾപ്പെടെയുള്ളത് വിജ്ഞാനം തന്നെ രണ്ടാമതൊന്നില്ലെങ്കിൽ അവിടെ എങ്ങനെ സ്പന്ദനമുണ്ടാവും അവിടെ സ്പന്ദനവും അതാണ് പരമാർത്ഥം ആ പരമാർത്ഥത്തിനെന്താ ദൃഷ്ടാന്തം അതാണ് സുശക്തി അവിടെ കേവല വിജ്ഞാനം മാത്രം അവിടെ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊന്നിനെ അറിയാൻ കഴിയുന്നില്ല അവിടെ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊന്നും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് അവിടെ ദ്വൈത ബോധമില്ല അതാണ് പരമാർത്ഥം അജ അചനം ഇതി യുക്തം അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു എന്താണ് അജമാണ് അചനമാണ് ഇതിനപ്പുറം ഇതിനെക്കുറിച്ച് ബോധിപ്പിക്കാൻ ഭാഷയില്ല ഭാഷ അതിന് സാധ്യമല്ല ശാസ്ത്രമില്ല ഗുരുവുമില്ല ആ പരമാവധി ഇത്രയും ബോധിപ്പിക്കാൻ പറ്റും ഇനി അതിനെ തന്നെ വിശദീകരിക്കുന്നു അവിടെ ഒരു വക്രാതി അനാഥസ്പിതം യഥാ ഹകം വിതം अस्पंदमानं ആലത്തും അനഭാസമജം യഥാ अस्पंदमानं विज्ञानं ർജിതം തദിവം യജ്വാദ്യകാരേണ അജാമാനം അജം യഥ അസ്പന്ദമാനം സ്പന്ദനവർഗിതം തദൈവ് അല്ലാത്ത അത്തിക്കൊള്ളി സ്പന്ദരഹിതമായിരിക്കുമ്പോൾ ഈ വിജ്ഞാനം പരമാർത്ഥത്തിൽ സ്പന്ദരഹിതമാണ് അതാണ് ബോധിപ്പിക്കുന്നത് വിജ്ഞാനം സ്പന്ദരഹിതമാണെങ്കിൽ ആശ്രയിച്ചുകൊണ്ടുള്ള സൃഷ്ടി അതിനെങ്ങനെ അംഗീകരിക്കാൻ കഴിയും സൃഷ്ടി എന്ന് പറയുമ്പോൾ വാസ്തവത്തിലുള്ള സൃഷ്ടി അത് അംഗീകരിക്കാൻ കഴിയാം എന്ന് പറഞ്ഞാൽ സൃഷ്ടി പ്രതീതി ഇല്ലെന്ന് തന്നെ പറയുന്നു സൃഷ്ടിയുടെ പ്രതീതിയുണ്ട് അത് കേവലം പ്രതീതി മാത്രം കേവലം ഭാന മാത്രം അമ്പ് പറഞ്ഞു അതിൽ ആശയക്കുഴപ്പങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വ്യാവഹാരികമായ ദൃഷ്ടിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ദേവ പരമാർത്ഥത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഇങ്ങനെയല്ല പറയുന്നതെന്ന് പറഞ്ഞു ആ ദൃഷ്ടി ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് വേണം ഇതിന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇല്ലെങ്കിൽ വ്യക്തിഭംഗം അനുഭവപ്പെടും പരമാർത്ഥികമായ ദൃഷ്ടി പറയുകയാണ് ഈ വിജ്ഞാനം സ്പന്ദരഹിതമാണ് വിജ്ഞാനം അസ്പന്ദ എന്ന് പറയുന്നത് ഈ സ്പന്തം അദ്വൈതത്തിൽ മാത്രമാണ് ശൈവസിദ്ധാന്തത്തിനും വളരെ ചർച്ചയിൽ നിന്നൊന്നാണ് അവിടെ ഇതുപോലെ തന്നെ പറയുന്നു തത്വത്തിന്റെ സ്പന്തം അത് പ്രപഞ്ചം ആ സ്ഥം അസ്പന്ദമാകുമ്പോൾ തത്വം തത്വമേകമാണ് ആ തത്വം തന്നെ സ്പന്ദിച്ച് പ്രപഞ്ചഭാനം ഉണ്ടാകുന്നത് കൊണ്ട് അതും ഏകമാണ് അദ്വൈതത്തിൽ പറയും കേവലമായ തത്വം മാത്രം ഏക മറ്റവർ പറയുന്ന എന്താണ് ഈ സ്പന്ദം ആ തത്വമല്ല വേറെന്താണ് അതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ഏകമാണ് ചെറിയൊരു വ്യത്യാസമാണ് ഇവിടെ പറയുന്ന എന്താണോ അത് സ്പന്ദന പരമാർത്ഥത്തിൽ സദാസ്പന്ദനവർജിതമായിരിക്കുന്നു എന്നാണ് സ്പന്ദ അനുഭവപ്പെടുന്നു തതേവ ആലാദം ഋജുവാദ്ധ്യാകാരേണ അജായമാനം അത്തരം രൂപങ്ങളെയൊന്നും അത് സൃഷ്ടിക്കാതിരിക്കുന്നു ചലിക്കാത്തതുകൊണ്ട് ഋജുവക്രൂപങ്ങളൊന്നും അതിനകത്തില്ല മനാഭാസം അനാഭാസമാണ് എന്നിവിടെ പറയുമ്പോ ആഹ്ലാദത്തെ സംബന്ധിച്ച് ശരിയാണോ അത് ചലിക്കുമ്പോ അവിടെ രൂപം കാണുന്നു ചലിക്കാത്തപ്പോ രൂപം കാണുന്നില്ല അത് ഈ വിജ്ഞാനത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് വിജ്ഞാനത്തിന്റെ സ്പന്ദനമാണ് പ്രപഞ്ചാനുഭവം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്പന്ദിക്കാതിരിക്കുന്നു ഒരാൾക്ക് സങ്കല്പിക്കാം സ്പന്ദിക്കാതിരിക്കുന്നുവെന്നും ഭാവന ചെയ്യും അപ്പൊ കേവലമായ ആ ബോധം സ്പന്ദരഹിതമാണെന്നും മനസ്സിലാക്കും നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുമോ അതിനാണ് ദൃഷ്ടാന്തം സുഷുപ്തിയെ പറയുന്നത് അതെന്ത് പറയുന്നു അജം അത് അവിടെ സൃഷ്ടി സംഭവിക്കുന്നില്ല ബോധം നഷ്ടപ്പെടുന്നുവെന്ന് ബോധം നിലനിൽക്കുന്നു ബോധം നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ അസ്തിത്വത്തിന് മാറ്റം സംഭവിക്കുന്നില്ല അസ്തിത്വത്തിന് മാറ്റം സംഭവിക്കാത്തതുകൊണ്ടാണ് ഉറങ്ങിയവൻ തന്നെ ഉണരുന്നത് ആ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ ഉറങ്ങിയാണ് ഉണരാൻ പറ്റത്തില്ലേ ബോധത്തിന്റെ അസ്തിത്വം അത് നശിക്കാതെ നിലനിൽക്കുന്നു ഒരു ശരീരത്തെ ആശ്രയിച്ചതും നിലനിൽക്കുന്നു ആ ശരീരത്തോട് ബന്ധപ്പെട്ടു തന്നെ നിലനിൽക്കുന്നു യഥാതഥ അവിദ്യയാസ്പന്ദമാനം അതുപോലെ എങ്ങനെയാണോ ബാഹ്യമായ അലാധ ചക്ര അലാധത്തിൽ സംഭവിക്കുന്നത് അതുപോലെ അവിദ്യയാ അവിദ്യ അല്ലെങ്കിൽ മായ ഏത് പേര് വേണമെന്നും പറയും ശക്തി പല രീതിയിൽ പറയും അവിദ്യ അല്ലെങ്കിൽ മായ അല്ലെങ്കിൽ ശക്തി കൊണ്ട് സ്പന്ദിക്കുന്ന അവിദ്യ ഉപരമേ അസ്തന്ധമാനം എല്ലാ തത്വചിന്തയുടെയും ആധാരം എഴുതാൻ അദ്വൈതമായാലും ശരി ദ്വൈതത്തിൽ തന്നെയുള്ള ശൈവമോ ശാക്തേയമോ എന്തു തന്നെയാ ഇത് തന്നെയാണ് എന്റെ അടിസ്ഥാനം എന്താണ് പറയുന്നത് ഒന്ന് അടിസ്ഥാനമായ തത്വം മറ്റൊന്ന് ആ തത്വത്തിൽ സംഭവിക്കുന്ന ഒരു സ്പന്ദനം അതുകൊണ്ട് സൃഷ്ടി ഇതാണ് അതിവിടെ ഒന്നേ പറയുന്നുള്ളൂ എന്താണ് ആ സ്പന്ദനം കൊണ്ട് അനുഭവിക്കുന്ന സൃഷ്ടി അത് പരമാർത്ഥമല്ല ഇത്രേ പറയുന്നത് സ്പന്ദിക്കാതിരിക്കുമ്പോൾ സൃഷ്ടിയില്ല സ്പന്ദിക്കുമ്പോൾ സൃഷ്ടിയുണ്ടെങ്കിൽ ആ സൃഷ്ടി എങ്ങനെ പരമാർത്ഥമെന്ന് പറയാൻ പറ്റും അതെങ്ങനെ ത്രികാലബാധിതമാകും അത്രേയുള്ളൂ മിഥ്യെന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലാതെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന അർത്ഥമല്ല പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വിശേഷം അദ്വിധത്തിൽ ഒരു ശബ്ദവും ശരിയായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല ഓരോ ശബ്ദം കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അർത്ഥപ്രതീതി ഉണ്ടാകുന്നു ആ അർത്ഥപ്രതീതി സത്യമല്ല എന്തുകൊണ്ട് ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന അർത്ഥബോധമെന്ന് പറയുന്നു വാക്യാർത്ഥബോധമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ഈ തത്വം ഒരു ശബ്ദത്തിന്റെയും വാചിയുമല്ല ഇനി അത് വ്യക്തമായി പറയും ലക്ഷ്യമാണ് അവിദിതാദ് അവി എന്ന് പറയുമല്ലോ അത് വിദിതമല്ല അവിദിതവും അങ്ങനെ ഒന്നിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ഈ ശക്തി വിശേഷം കൊണ്ട് സ്പന്ദിക്കുന്നത് പോലെ അനുഭവപ്പെടും അവിദ്യയം അവിദ്യുപരമേ അസ്തന്ദമാനം അവിദ്യയുടെ ശാന്തി അതാണ് ഈ ബോധത്തിന്റെ ശാന്തി എന്ന് പറയുന്നത് അവിദ്യ സ്വയം തന്നെ ചലന രൂപമാണ് നിശ്ചലമാകുന്നു പലതവണ ഇവിടെ പറഞ്ഞു ശാന്തം അദ്വയം അസ്പന്ദമാനം ജാത്യാത്യാകാരേണ അനാഭാസം ജന്മസ്ഥിതി നാശരൂപത്തിൽ അത് പ്രകാശിക്കുന്നില്ല ഇപ്പോൾ ഈ അനുഭവത്തിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ജന്മസ്ഥിതി നാശരൂപത്തിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അത് എന്താണ് അജം അജലം ഭവിഷ്യതി അത് അജമായിരിക്കുന്നു അചലമായിരിക്കുന്നു അങ്ങനെ ആയിത്തീരുന്നു അല്ലെങ്കിൽ അത് നിരന്തരം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാം പരമാർത്ഥത്തിനെന്താണ് തതേജതി അത് ചലിക്കുന്നു എന്നാ ചലിക്കുന്നില്ല അതാ പറയുന്നു അത് ചലിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ചലനരഹിതമായിരിക്കുന്നു എന്നുവെച്ചാൽ ചലനം കേവലമായൊരു ഭാനമാണ് ഒരു പ്രതീതിയാണ് ആ ചലന പ്രതീതിയിലും അനുഭവ രൂപത്തിൽ നിലനിൽക്കുന്നത് എന്താണ് അത് ചലിക്കാത്തതാണ് അനുഭവം ചലിക്കുന്നില്ല ബോധത്തിന് ചലനം സാധ്യമല്ല എന്നാൽ ബോധത്തിൽ ചലന പ്രതീതി ഉണ്ടാകുന്നു ആ ചലന പ്രതീതിക്ക് ആധാരമായിരിക്കും ആ ചലനത്തെ സാക്ഷാത്കരിക്കുന്ന ചലനത്തിന്റെ ആ സാക്ഷാത്കാരം അനനൂടെ സത്യം എന്ന് പറയുന്നു ചലനത്തിന്റെ സാക്ഷാത്കാരം അത് ചലനം എങ്ങനെയാകും അതാകത്തില്ലല്ലോ സാക്ഷാത്കാരം അപരോക്ഷാനുഭൂതി എന്നെല്ലാം പറയുന്നു അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതാ ഉൾക്കയുടെ നിശ്ചലത പോലെയാണ് ആ നിശ്ചലതയിൽ പിന്നെ രുചി വക്രാതി ആകാരങ്ങളൊന്നുമില്ല അങ്ങനെ അതിന്റെ തത്വം മനസ്സിലാക്കി എന്നിരിക്കട്ടെ മനസ്സിലാക്കും എന്താണോ അതിനിത്തരം ആകാരങ്ങളെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ കേവലമായ ഒരു അഗ്നി ഗണം മാത്രമേ ഉള്ളൂ അപേക്ഷികമായ ഒരു സത്യമേ അവിടെ ആ ചലനത്തെ അപേക്ഷിച്ചുള്ള ഒരു സത്യം അതുപോലെ ഈ ബോധത്തിൽ ഇവിടെ പറഞ്ഞ ജാത്യാകാരി ജന്മസ്ഥിതി ഭംഗരൂപത്തിൽ ഈ പ്രപഞ്ചം നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്താണോ ഇതിന്റെ ഈ അനുഭവ രൂപത്തിൽ എന്താണ് നിൽക്കുന്നത് ഏതൊരു പ്രതലത്തിലാണ് ഈ പ്രകാശങ്ങളെല്ലാം അനുഭവപ്പെടുന്നത് അത് സത്യം എന്നാണ് പറയുന്നത് ദർപ്പണത്തിലെ ദൃശ്യം പോലും ദർപ്പണത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ അത് ചിലത് ചലിക്കും ചിലത് ചലിക്കാതിരിക്കും നാനാരൂപത്തെ പ്രാപിക്കുന്നു അത് ദർപ്പണ വസ്തുവാണ് ദർപ്പണത്തെ ബോധമായിട്ടെടുക്കും ഇവിടെ അങ്ങനെയല്ല ദർപ്പണവും ദർപ്പണത്തിലെ ദൃശ്യത്തെയും കാണാൻ മൂന്നാമത് ഇരുവനുണ്ട് ആ ദർപ്പണത്തെ താനായിത്തന്നെ കണ്ടാൽ തനെന്നുറയുമ്പോൾ ഈ ദൃശ്യങ്ങളെയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ബോധം ആയി കണ്ടുകഴിഞ്ഞാൽ ആ ബോധത്തിലെ ദൃശ്യാനുഭവം ദൃശ്യങ്ങൾ എങ്ങനെയെല്ലാം മാറി മാറി വന്നാലും ആ ബോധത്തിൽ അനുഭവ രൂപത്തിൽ നിൽക്കുന്നു അതാണ് പരമാർത്ഥം അതിനെയാണ് ജാഗ്രതായി നിൽക്കുന്നതാണ് ആ അനുഭവം സ്വപ്നമായി നിൽക്കുന്നതും ആ അനുഭവം തന്നെ സുഷുതി എന്നറിയുന്നത് അവിടെയും അനുഭവമാണ് നിൽക്കുന്നത് മൂന്നിടത്തും അനുസൃതമായിരിക്കുന്ന എന്താണ് അനുഭവമാണ് അനുഭവ ആകാരങ്ങൾ മാറിപ്പോകുന്നു ദർപ്പണം ഏകരൂപത്തിലിരിക്കുന്നു ദൃശ്യങ്ങൾ മാറുന്നു അതിനുള്ള പറയുന്നു അനാഭാസം ആഭാസം എന്ന് പറയുന്നു മാറിപ്പോകുന്നു ഇവയെല്ലാം അജം ദൃശ്യങ്ങളിലാണ് ജനനം സംഭവിക്കുന്നത് ഇവിടെ ബോധത്തിൽ ജനനം സംഭവിക്കുന്നില്ല അചലം ദൃശ്യങ്ങളിലാണ് ചലനം സംഭവിക്കുന്നത് ബോധത്തിൽ ചലനം സംഭവിക്കുന്നില്ല എന്ന അനുഭവത്തിലെത്തിച്ചേരും ഭവിഷ്യതി എന്നാണ് ഇവിടെ പറയുന്നത് അസ്പന്ദമാനം ആലാതം അനാഭാസമജം യഥ അനഭാസമജം തഥാവശിഷ്യോതി <laughs> All the things in heaven, all the things in the world.